അപ്പോ മനസ്സ് മൂലത്തിൽ അടങ്ങുകയും സത്യത്തിനെ തന്റെ അകമേ ദർശിക്കുകയും ചെയ്തു കഴിയുമ്പോ സാതീർത്ഥവര്യാ മണികർണിക്കാച്ച് കാശിയിൽ ചെന്ന് ഗംഗയിൽ കുളിച്ചാ പോരാ മണികർണിക ഘട്ടത്തിൽ പോയി മണികർണികയിൽ കുളിക്കണമെന്നാണ് അതിനുവേണ്ടി പഴയ കാലത്ത് ഇവിടെ നിന്ന് നടന്നു പോകും കാശി യാത്രയായിട്ട് പുറപ്പെടും അതിനൊക്കെ അതിൻ്റെതായ പ്രയോജനം ഉണ്ടായിരുന്നു നടന്നൊക്കെ പോകുമ്പോ അത് തന്നെ ഒരു തപസ്സാണ് ഇപ്പൊ അതുകൊണ്ട് ഫ്ലൈറ്റിൽ പോയി ഇറങ്ങാം ട്രെയിനിൽ പോയി ഇറങ്ങാം അല്ലെ ട്രെയിനില് പോയി ഇറങ്ങിയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ അമ്മ ഗുളികയിലേ വന്ന് വന്നു വെള്ളത്തില് പേടിച്ചിട്ട് എല്ലാ സൗകര്യവും ഉണ്ട് നമുക്കിന്ന് വണികർണികട്ടത്തിൽ പോയി കുളിച്ചിട്ട് വരും എന്നിട്ടും ശാന്തമായോ രാമകൃഷ്ണദേവനൊരു കഥ പറയും എല്ലാ തീർത്ഥയാത്രക്ക് പുറപ്പെട്ട ഒരാളുടെ അടുത്തൊരു സന്യാസി ഒരു ചൊരക്ക കൊടുത്തു ചൊരക്കക്ക് അതിന്റെ ഒരു ഗന്ധം അതിനകത്ത് ഇതിനെ എല്ലാ തീർത്ഥത്തിലും കൊണ്ടുപോയിട്ട് മുക്കിയിട്ട് വരാൻ പറഞ്ഞു അയാൾ പോകുന്ന തീർത്ഥങ്ങളിലൊക്കെ മുക്കിയിട്ട് വന്നു തിരിച്ചു കൊണ്ടുവന്നു കൊടുത്തപ്പോ ചൊരക്കയില് വാസനയൊന്നും പോയിട്ടില്ല അപ്പോ ചോദിച്ചു ഇതിന്റെ ദുർഗന്ധമൊന്നും പോണില്ലല്ലോ ഇത്ര തീർത്ഥത്തിൽ മുക്കിയിട്ട് തീർത്ഥയാത്രയോ എല്ലാത്തിനും നമ്മൾ മുൻപുള്ള തീരുമാനം പ്രധാനമാണ് അധ്യാത്മികം എന്നുള്ള കാര്യം വളരെ വിചിത്രമാണ് കൃഷ്ണൻ ഗീതയിലൊരു വാക്കു പറയണു വ്യവസായാത്മിക ബുദ്ധി എന്നറു അതൊന്നില്ലെങ്കിൽ അതായത് പൂജയോ ജപമോ അമ്പലത്തിൽ പോകുന്നതോ തീർത്ഥസ്നാനമോ മഹാത്മാക്കളെ കാണുന്നതോ ഒന്നും തന്നെ സ്വതന്ത്രമായ ഒരു ജീവനെ പവിത്രമാക്കണില്ല അതൊക്കെ പവിത്രമാക്കണമെങ്കിൽ മുൻകൂട്ടി ഈ ജീവന്റെ ഉള്ളിലൊരു സങ്കല്പം ഉദിച്ചിരിക്കണം സ്വയം തനിക്ക് ഹിതം ചെയ്യാനായിട്ടും പാരമാർത്ഥികമായ ലക്ഷ്യത്തിനെ പ്രാപിക്കാനായിട്ടും സ്വതന്ത്രമാവാനായിട്ടും മുക്തനാവാനായിട്ടും ഈ ജീവൻ തീരുമാനിച്ചിരിക്കണം ഉള്ളില് എന്നാലേ ഇവരെ കണ്ടാലും പ്രയോജനം അങ്ങനെ ഉള്ളില് സ്വയം തീരുമാനിച്ച് തന്റെ മുക്തിക്ക് വേണ്ടി താൻ വ്രതമെടുത്തിട്ടുള്ള ആൾക്ക് എന്നുവെച്ചാൽ ഇവിടെ ദുഃഖമാണോ ഉള്ളതെന്നും ലോകത്തില് ശാന്തി നിത്യനിരന്തരമായ ശാന്തി ഹൃദയത്തിലാണെന്നും ആ ശാന്തിയെ കണ്ടെത്തണമെന്നും തീരുമാനിച്ച ആൾക്ക് തീർത്ഥയാത്രയൊക്കെ ആ ലക്ഷ്യത്തോടുകൂടെ ചെയ്യുകയാണെങ്കിൽ മനസ്സ് നിവൃത്തമായി ഹൃദയത്തിൽ അടങ്ങിയിരിക്കും സാ തീർത്ഥപര്യാ മണികർണിക്കാച്ച് വാഹ വിമലാതി ഗ അപ്പോ എന്താവും മനസ്സ് നിശ്ചലമാവുമ്പോ ഉള്ളിൽ ഒരു ധാര കാണും നമ്മുടെ വാസ്തവത്തിൽ നിശ്ചലമായ മനസ്സിന് നമ്മുടെ ഭഗവാൻ അതിന്റെ ഭഗവാന്റെ വാക്ക് എന്താന്ന് വെച്ചാൽ മനസ്സന്തർമുഖമായി തന്റെ മൂലത്തിൽ അടങ്ങുമ്പോ ഞാൻ എന്നുള്ള അഹങ്കാരം എവിടെ ഉദിച്ചുവോ അവിടെ അടങ്ങുകയും അവിടെ മറ്റൊരു ഞാൻ മറ്റൊരു വസ്തു <player> ും എന്നാണ് ഭഗവാന്റെ വാക്ക് അഹമയം കുവതി ചിൻവതൃം നിജ വിചാരണം പരമപൂർണ സത് അതിന് എന്ന് ഭഗവാന്റെ വാക്ക് അതാണ് ധാരാ ക ആ ധാരയാണ് അവിടെ ജ്ഞാനപ്രവാഹ എന്ന് പറഞ്ഞത് ചിത് ശക്തി കുഞ്ചുസ്വാമി ഭഗവാനെ കുറിച്ച് പറഞ്ഞു വളരെ എന്താ ചിത്രം വരച്ച നമ്മൾ മുമ്പിൽ കാണുന്ന പോലെ രമണ ഭഗവാനെ പറയും അപ്പൊ കുഞ്ചുസ്വാമി ഭഗവാന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോ പറയും ചിലപ്പോ ഭഗവാൻ കഥയൊക്കെ പറയും അപ്പൊ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ രമണ മഹർഷി ചില കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കഥ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുന്നു പ്രഭുലിംഗലീലയോ പെരിയപുരാണത്തിലെ കഥകളോ അല്ലെങ്കിൽ താൻ മലയിലിരിക്കുമ്പോൾ നടന്ന കാര്യങ്ങളോ എന്തെങ്കിലും ചിലപ്പോ വേദാന്ത വിഷയങ്ങളായിട്ട് എന്തെങ്കിലും സംശയം ചോദിക്കുന്നതോ അതെടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ കുഞ്ചുസ്വാമി പറയും ആ വാക്കുകളും ആ ഒഴുക്കും അതിങ്ങനെ പറഞ്ഞു വരുമ്പോതോറും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പറഞ്ഞ് പെരുമഴ പെയ്യണ പോലെ ഒരു കറണ്ട് ആ ധാര മുറിയാതെ അവിഛിന്നമായ സ്വാമി ഉപയോഗിക്കുന്ന വാക്കാണ് ധാര അത് കഴിഞ്ഞ് ഒരു ദിവസത്തൊക്കെ അസ്തമിക്കും അസ്തമിച്ചുകഴിഞ്ഞ പിന്നെ കൊറേ ദിവസത്തേക്ക് ഒന്നും ഉണ്ടാവില്ല അപ്പൊ കുഞ്ചുസ്വാമി പറയും അപ്പോഴും ഞങ്ങൾ ഭഗവാന്റെ സന്നിധിയിൽ ആ ധാരയെ കാണും ആ വാക്കുകളൊക്കെ നിന്നിട്ടുണ്ടാവും ആ കഥ പറയണതൊക്കെ നിന്നിട്ടുണ്ടാവും ആ വാക്കുകളൊക്കെ ശമിച്ചിട്ടുണ്ടാവും പക്ഷെ ആ കറണ്ട് ആ സ്രോതസ് അപ്പോഴും സന്നിധിയിൽ ഉണ്ടാവും ഞങ്ങൾക്കൊന്നും അടുക്കാനോ എന്തെങ്കിലും ചോദിക്കാനോ ധൈര്യം വരില്ല ഭഗവാന് ഒന്നും അപ്പൊ നമുക്ക് മനസ്സിലാവും ഞാൻ ഈ മിണ്ടുന്നത് കൊണ്ടോ മൗനമായിരിക്കുന്നതുകൊണ്ടോ ഒന്നും നഷ്ടമാവണില്ലാന്ന് മിണ്ടിയാലും മിണ്ടാതിരുന്നാലും നമ്മൾക്ക് കിട്ടുന്നത് ആ വാക്കുകളിലൂടെയല്ല ആ വാക്കിനു പുറകിലുള്ള ജ്ഞാനപ്രവാഹം വേറെയാണ് അത് ധാര ആ സ്രോതസ് വേറെയാണ് ആ ചിത് ശക്തി വേറെയാണ് ജ്ഞാനപ്രവാഹ വിമലാദി ഗംഗാ സാകാശികാഹം നിജബോധരൂപ അങ്ങനെ അന്തർമുഖമായി തന്റെ മൂലത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവിടെയുള്ള ആ ധാരയിൽ കുളിക്കണം ആ സ്രോതസ്സല് കുളിക്കണം ആ ആകാശഗംഗയിൽ കുളിക്കണം അതില് കുളിച്ചാൽ പിന്നെ പുനർജന്മയില്ല അതാണ് ഗംഗാസനാഹം ആ ഗംഗാസ്നാനം ചെയ്താൽ ദീപാവലിക്ക് രാവിലെ ഗംഗാസ്നാനം ചെയ്യണമെന്നാണ് അല്ലേ ശരിക്ക് നരകാസുരനെ വധിച്ച് ഗംഗാസ്നാനം ചെയ്ത് വിളക്കൊക്കെ കൊളുത്ത അപ്പൊ ശരിയാവും അപ്പൊ ആന്തരികമായ ആ ഗംഗാസ്നാനം ചെയ്താൽ പിന്നെ ജനനമില്ല മരണമില്ല സ്വർഗസോപാന പങ്ക്തി ആണത് അതിലൂടെയാണ് നമ്മൾ സത്യത്തിലേക്ക് യാത്ര ചെയ്യണത് ജ്ഞാനപ്രവാഹ വിമലാദിഗംഗ ആ ഗംഗ പ്രവഹിക്കുന്ന പിറപ്പിടമെതോ ആ കാശിക നിജബോധരൂപം അസ്താമലകൻ പറഞ്ഞത് എന്താ നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ നിത്യവും കിട്ടിയിട്ടുള്ളതും എപ്പോഴും അനുഭവത്തിലിരിക്കുന്നതും ഞാൻ അഹം അഹം അഹം എന്ന अनुभ तवरूप आुद्ध अहंस्फूर्ति स्वरूप आय आ वस्तु या निजबोध रूपये अंधियामे आत्मा नित्यशुद्ध बुद्धमुक्त स्वभाव वस्तु अगमे साक्षात्क शरीर काशीक्षेत्र साकाशिकाह നിജബോധ സാധനയുടെ മുഴുവൻസ് അവിടെയാണ് മനോനിവൃത്തി പരമോപാന്തി സീർത്ഥവര്യാ മണിക്കർണിക്കാനപ്രവാഹാവിമലാദിഗം നിജബോധ അടുത്ത ശ്ലോകം കൽം ചാതിനോവി പരമാത്മൂപോധി കൽപ്പതമിന്ദ്രജാ ചരാചരം ഭാതി മനോവിലാസം സച്ചിത്സുഖൈകാ പരമാത്മൂപകം നിജബോധരുപം സച്ചിത് സുഖക പരമാത്മരൂപ കാശികം യാതൊന്നിൽ ഇതം കൽപ്പിതം ഇന്ദ്രജാലം ഈ പ്രപഞ്ചമാവുന്ന ഇന്ദ്രജാലം ഏതൊന്നിൽ കൽപ്പിതമാണോ ഏതൊന്ന് സച്ചിത്സുഖസ്വരൂപമാണോ പരമാത്മസ്വരൂപമാണോ ആ കാശീം ആ കാശിക ആ പ്രകാശമാനമായ വസ്തു വിഭ്രാജമാനമായ വസ്തു ആ ബോധം എന്റെ യഥാർത്ഥ സ്വരൂപമാണ് യസ്യാമിതം കൽപ്പിതം ഇന്ദ്രജാലം മനസ്സ് നിവൃത്തമാവുമ്പോഴാണ് മനസ്സ് പ്രവൃത്തമാവുമ്പോ ഉണ്ടാവുന്ന ഇന്ദ്രജാലം ഒക്കെ മനസ്സിലാവണതേ അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്കിത് പിടികിട്ടുകയേ ഇല്ല ഭഗവാൻ വിശ്വരൂപ ദർശനത്തിൽ പറഞ്ഞു നരൂപം അസേഹ തഥോപലഭ്യതേ ആദിഹി നച്ച സമ്പ്രതിഷ്ഠ ഈ ജഗത്തിന് ആദി എന്താണെന്നും അന്തം എന്താണെന്നും ഇതിന്റെ രൂപം എന്താണെന്നും ഒരാൾക്കും ഇതിനകത്തി ഇരുന്നു കൊണ്ട് പിടികിട്ടുകയേയില്ല മനസിലാവുകയില്ല പിന്നെ എങ്ങനെയാ അത് മനസ്സിലാവുക അശ്വത്ഥമേനും സുവിരുമൂലസംഗശസ്ത്രേണ ദൃഢേന चित्वा തത് പരിമാർഗിതൃം യൻ ഗതാ നിവർത്ത ഭൂയാഹം ഈ അശ്വത്ഥം അതായത് ഈ മനസ്സിനെ വേരോട് പിഴുതെടുക്കാം അതിന്റെ വേരെന്താ മനസ്സിന്റെ വേരെന്താണ് ഞാൻ എന്നുള്ള അഹം ഞാൻ എന്നുള്ള ചിത്തവൃത്തി ഇല്ലാതെ നീ അവൻ എന്നുള്ള ചിത്തവൃത്തികളൊന്നും ഉദിക്കില്ല എല്ലാ ചിത്തവൃത്തികൾക്ക് പുറകിലും ഞാൻ എന്നുള്ള ഇൻഡിവിജ്വാലിറ്റി പ്രഥമ വികാരം ഊടും പാവുമായി കിടക്കണുണ്ട് അതാണ് മനസ്സിന്റെ പേരും തായ്വേര് ചില തൈ ഒക്കെ വെക്കുമ്പോ തായ്വേര് പോയാൽ തൈ പിടിക്കില്ല അതുപോലെ മനസ്സാവുന്ന ഈ ചെടിക്ക് തായ്വേര് അഹങ്കാരാണ് ആ അഹങ്കാരം ഉദിക്കുമ്പോഴാണ് ബാക്കിയൊക്കെ ഉദിക്കണത് നാൻ ഉദയാത് ഉള്ള നില നാം അതുവായി ഉള്ള നില നാൻ ഉദിക്കും സ്ഥാനമതൈ നാടാമൽ നാൻ ഉദിയാ തന്നിഴപ്പൈ സാർവദേവൻ രമണ ഭഗവാൻ ഉള്ളത് പറഞ്ഞു ഇനി നമുക്ക് മഹാവാക്യം പോലെയുള്ള ശ്ലോകമാണ് ശ്ലോകം ഇതിന്റെ മർമ്മമാണ് ആത്മവിചാര സാധനയുടെ മുഴുവൻ എസൻസാണ് നാം ഉതിയാതെ ഉള്ള നില നാം അതുവായുള്ള നില അത് എന്നെ പറഞ്ഞോളൂ അതെന്താന്ന് പറഞ്ഞില്ല ആ പൂർണത നിശ്ചലത നമ്മളുടെ സ്വരൂപം അത് ആ അതിനെ ഇതാക്കി തീർക്കണത് അഹങ്കാരമാണ് വ്യക്തിത്വം ഇമേജ് അസ്യൂംഡ് മീ അപ്പോ ആ ഞാൻ ഉദിക്കും സ്ഥാനമതനാട് നാട് ഞാൻ എവിടെ ഉദിക്കണു ഞാൻ എന്താണ് അങ്ങനോ നിവൃത്തിക്ക് അതാണോ വഴി ഞാൻ എന്താണ് ഞാൻ ആരാണ് ഞാൻ ഞാൻ എന്ന് തോന്നണുണ്ടല്ലോ അതെവിടെ ഉദിക്കണു ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് നിത്യനിരന്തരമായ ആത്മവിചാരം സന്തത്തം ശലിപ്പരസന്തോഷമാകവേ എപ്പോഴും വിഷമിക്കാതെ തളർന്നു പോവാതെ സന്തോഷമായി സംതൃപ്തിയായി ഈ അന്തർമുഖത്തെ ചെയ്തുകൊണ്ടേയിരിക്കാം എന്ത് വിഷമത്തിനും ഈ ഒരു ചോദ്യം മരുന്നാണ് ഒറ്റമൂലിയാണ് ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ അപൂർവമാണ് അതായത് എന്ത് രോഗം വന്നാൽ ഒറ്റ മരുന്ന് കൊടുക്കും അതുപോലെ നമ്മളുടെ രോഗത്തിന് ഭവരോഗത്തിന് ഒറ്റമരുന്നേ ഉള്ളൂ ഈ രോഗമൊക്കെ ആർക്ക് എന്ന് ചോദിക്കാം ഈ വിഷമമൊക്കെ ആർക്കാണ് മനസ്സ് ചഞ്ചലമായിരിക്കും ആരുടെ മനസ്സ് കോപം വരുന്നു ആർക്ക് കോപം വിഷമം സഹിക്കവയ്യ ആർക്കാ സഹിക്കവയ്യാത്തത് എല്ലാത്തിനും ഉത്തരവെന്താ എനിക്ക് ഞാൻ എന്റെ വിഷമം എന്റെ പ്രശ്നം എനിക്ക് തീരണം എന്റെ കുടുംബം ശ്രദ്ധിക്ക ശ്രദ്ധിച്ച മതി ശ്രദ്ധിച്ചാൽ കാണാം ഈ മൂമെന്റ് മൂവ്മെന്റ് ഓഫ് മീ മീ മീ മീ മീൻ്റെ അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ലേ അത് നമ്മളുടെ മുഴുവൻ വ്യക്തിത്വത്തിന്റെ തായ് പേരാണ് ആ ചലനം ആ ചലനത്തിനെ നമ്മള് ശ്രദ്ധിക്കുകയാണ് അകമേക്ക് ശ്രദ്ധിക്കുകയാണ് എല്ലാ സാധനയും അവസാനം അവിടെ എത്തിക്കണം ചിലത് വ്യക്തമാർഗമാണ് ചിലത് അവ്യക്തമാർഗമാണ് അത്രേ ഉള്ളൂ ഭക്തിമാർഗത്തിൽ ഭഗവാനേ ഉള്ളൂ ഞാനില്ല ഞാൻ എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല ഭഗവാൻ മാത്രമാണ് സത്യവസ്തു എന്നൊക്കെ പറഞ്ഞ് ശരണാഗതി ചെയ്യുമ്പോഴും ചുരുക്കത്തിൽ ഈ ഭക്തൻ ചെയ്യണത് എന്താ ഈ അഹങ്കാര ചലനം ഈ പ്രഥമ ചലനത്തിനെ മൂലത്തിൽ ഒടുക്കിക്കളയാണ് അവ്യക്തമായി ചെയ്യണു അത്രേ ഉള്ളൂ ജ്ഞാനവിചാരമാർഗത്തിൽ ബോധപൂർവം ചെയ്യണമോ അത്രേ ഉള്ളൂ ജ്ഞാന വിചാരമാർഗത്തിൽ ശ്രദ്ധിക്കണോ നമ്മള് എങ്ങനെയാണ് ഇത് നമ്മളെ പറ്റിക്കണത് എന്നാണ് ആ മൂലത്തിൽ നിന്നും ഒരു പ്രത്യേക വ്യക്തിത്വം പൊന്തി വന്ന് ഐഡന്റിഫൈ ചെയ്ത് പിന്നെ എനിക്ക് ഭയം എനിക്ക് ജീവിക്കണം എൻ്റെ ജീവിതം എന്റെ പ്രശ്നം എനിക്ക് രക്ഷപ്പെടണം ലൗകികമൊക്കെ വിട്ട് അധ്യാത്മികത്തിൽ വന്നാൽ എനിക്ക് അധ്യാത്മികമായിട്ട് മുന്നോട്ട് പോകണം എനിക്ക് ഭക്തി വേണം എനിക്ക് ഒന്നും കിട്ടണില്ല ആശ്ചര്യം എന്താ അറിയോ ഇത്രയൊക്കെ ഞാൻ വായി തുറന്ന് പറഞ്ഞാലും എത്ര പ്രാവശ്യം കേട്ടാലും എത്രയൊക്കെ തന്നെ ഇതൊക്കെ വായിച്ചാലും അങ്ങനെയുള്ള ആളുകൾ എന്റെ അടുത്ത് വന്ന് പറയും എനിക്ക് കുറെ ദിവസമായി ആത്മവിചാരമേ ചെയ്യാൻ പറ്റണില്ല ഒന്നുമില്ല ആരാ പറയണത് ഇതാരാ പറയണത് ുള്ളിലുള്ള ചൈതന്യം പറയോ ഇല്ല ജഡമായ ശരീരം പറയോ ഇല്ല പിന്നെ ആരാ കള്ളൻ കപ്പല് തന്നെ കള്ളൻ കപ്പല് തന്നെ അപ്പൊ പിന്നെയും യു ആർ ഡെല്ലൂഡ് ബൈ ദുവാടി അപ്പൊ ചോദിക്കുക ആർക്കാണ് ചെയ്യാൻ പറ്റാത്തത് ഇത്തിരി ശ്രദ്ധ മതി നമ്മൾ ആ പ്രശ്നം വരുമ്പോഴും തന്നെ ചടഞ്ഞുകൂടി കെട്ടിപ്പിടിച്ചു ഒരു സ്ഥലത്ത് ഇരുന്ന് ഒന്ന് ശ്രദ്ധിക്കുക ആരാ നമ്മളെ പറ്റിക്കണത് ആരാണ് ഇത് ചെയ്യണത് ചെയ്യാൻ പറ്റണില്ല എനിക്ക് അത് പറ്റണില്ല ഇത് പറ്റണില്ല ആരാ ഈ പറ്റണ ആള് ഈ എന്താണ് ശ്രദ്ധിച്ചാൽ ഞാൻ എന്താണ് ഞാൻ ആരാണ് എന്നാൽ ആ ചോദ്യം എന്തോ എന്താണ് അതിനുള്ള ഉത്തരം ഉത്തരം ആൻസർ ഒന്നുമില്ല അതിന് ഇറ്റ്സ് ആൻ ആൻസർലെസ് ക്വസ്റ്റിൻ ആൻസർ ഇസ് എക്സ്പീരിയൻസ് അവിടെ ഒരു നിശ്ചലത ഉണ്ടാവും ഞാൻ എന്ന് ഒതുക്കില്ല അവിടെ എന്തുണ്ടോ അതുണ്ട് അതിനെ നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഭഗവാൻ ആണെന്നും ഭഗവാനാണ് നിയന്ത്രിക്കണതെന്നും ഭഗവാന്റെ കയ്യിൽ ഞാൻ യന്ത്രമാണെന്നും ഒക്കെ നിങ്ങൾ വാക്കുകൊണ്ട് പറയുമ്പോൾ പറയാം പക്ഷെ അനുഭവ മണ്ഡലത്തിൽ നിശ്ചലതയെ വാക്ക് പറയണമെങ്കിൽ പിന്നെയും ഇയാൾ വന്നിട്ട് വേണം പറയാൻ പറയണമെങ്കിൽ ഇയാൾ വന്നിട്ട് വേണം പറയാൻ ഗീതയിൽ പറയണ പോലെ ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ടത്തി തമേവ ശരണം ഗച്ഛന്നൊക്കെ പറയണത് പോലും വാക്കുദിച്ചിട്ടാണ് അപ്പൊ ശരണാഗതി ചെയ്യുന്ന ഈശ്വരനെ നിയന്ത്രിക്കണ ഒരാളും ഒക്കെ വന്നു അവിടെ അനുഭവത്തിൽ വരുമ്പോ നിശ്ചലതയെ ഉള്ളൂ ഞാനില്ല ചിത്തമില്ല വ്യക്തിത്വമില്ല ഒരു സൈലൻസേ ഉള്ളൂ ശരീരം പ്രവർത്തിക്കണു പലതും ചെയ്യണു ലോകത്തില് അത് അനിർവചനീയമായ ഒരു ശക്തി എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു ആ ശരീരത്തിനെ കൊണ്ട് ഉള്ള നില അതാണ് നിവൃത്തമായ മനസ്സിന്റെ സ്റ്റേറ്റ് മനസ്സ് തൻ്റെ മൂലത്തിൽ പിറപ്പിടത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോ മനസ്സ് മനസ്സല്ലാതായിട്ട് മാറണു അവിടെ മറ്റെന്തോ പ്രവർത്തിക്കണു അതിനെ ഭഗവാന്റെ കൃപാശക്തി എന്നോ ശക്തിയെന്നോ ചിത് ശക്തിയെന്നോ ഹ്ലാദിനീ ശക്തിയെന്നോ ഒക്കെ അവരവരുടെ ഭാഷയ്ക്കനുസരിച്ച് പറയാം എന്തായാലും ആ തലത്തിൽ നമ്മൾ അടങ്ങിയാൽ നമ്മൾക്ക് പരമമായ ലാഭം ശരീരം ഇരിക്കുമ്പോ തന്നെ നമ്മളുടെ മരണത്തിനെ നമ്മൾ കണ്ടു എന്നുവച്ചാൽ നമ്മളുടെ ഇമേജിന്റെ ഡെത്ത് നമ്മളുടെ വ്യക്തിത്വത്തിന്റെ അസ്തമനവും അസ്തിത്വത്തിന്റെ പ്രകാശനവും ഉള്ളിൽ കണ്ടുകഴിയുമ്പോ പിന്നെ മരണത്തിനെ ഭയപ്പെടാനില്ല ഇനി ആരും മരിക്കും മരിക്കാനുള്ള ആരാരാ ഈ ശരീരം കുറെ കഴിയുമ്പോൾ വീണു പോകും ഉള്ളിലുള്ള സത്യത്തിന് ഒരു ബാധയുമില്ലെന്നും ആ സത്യം ഈ ശരീരവുമായി സമ്പർക്കം പുലർത്തിയിട്ട് തന്നെയില്ലെന്നും ഈ ശരീരവുമായി സമ്പർക്കം പുലർത്തി മരണത്തിനെ ഭയപ്പെടുകയും ജീവിതത്തിനെ ആശിക്കുകയും വ്യാധിയെ ഭയപ്പെടുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വ്യക്തിത്വം വാസ്തവത്തിലുള്ള എൻ്റെ സ്വരൂപമല്ലെന്നും അത് ദിവസം സുഷുപ്തിയിൽ ഇല്ലാതാവുന്നുണ്ട് സ്വപ്നത്തിൽ മാറിക്കാണിക്കുന്നുണ്ട് ജാഗ്രതത്തിൽ വേറെ വേഷം കിട്ടുന്നുണ്ട് ഈ വ്യക്തിത്വം എൻ്റെ ശരിയായ സത്തയല്ലെന്നും എൻ്റെ വാസ്തവത്തിലുള്ള സത്ത നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായിട്ടുള്ളതാണെന്നും ഉള്ളിൽ ഉണർവ് കൊണ്ട് കാണുമ്പോ ആ ഉണർവ് ഉദിച്ചവൻ നടപാടുന്ന തീർത്ഥമാണ് തീർത്തീകുറുവന്തി തീർത്താനീ സ്വാതന്ത്സ്തേന ഗതാഭൃത എന്ന് അങ്ങനെയുള്ള ആളെയാണ് ഭാഗവതം പറഞ്ഞത് അയാൾ ഏതെങ്കിലും പൊട്ടക്കുളത്തില് മുങ്ങിയാൽ ആ കുളം തീർത്ഥമാവും അവരുടെ സാന്നിധ്യം കൊണ്ട് എല്ലാം പവിത്രമാവും അപ്പൊ മനോനിവൃത്തി പരമോപശാന്തിഹി സീർത്ഥവര്യാ മണികർണികാച്ച ജ്ഞാനപ്രവാഹ വിമലാദി ഗംഗ സാശികാഹം നിജബോധരൂപ നിജബോധരൂപമായ ആ ഹൃദയത്തിൽ കണ്ടു കഴിയുമ്പോ വാസ്തവത്തിലുള്ള തീർത്ഥയാത്രയായി ബാഹ്യമായ തീർത്ഥയാത്രയൊക്കെ തന്നെ ഇതിന് സഹായിക്കുമെങ്കിൽ നല്ലത് അല്ലെങ്കിൽ പരിശ്രമം പരിശ്രമം തത്ര സമീക്ഷമാണ് ഭാഗവതം പറഞ്ഞു കൊറേ മെനക്കെടും കുറെ വിഷമിക്കും കുറെ പലതും ചെയ്യും തളർന്നു പോവും എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യസ്ഥാന സ്നാദം തേന സമസ്തവാരിവഹൗ സമ്പൂർണം ജഗദേവ നന്ദന വനം सर्वेपि समस्ता पुन्या समस्ता േ പി കൽപ്പദ്രുമാം വരി സമസ്തരിവഹ अस्य वस्तु സംസ്കുതിശിരോ വാരാണസീ മേധിന സർവസ്ഥി അസ്തുവിഷയാബ്രഹ്മണിട്ടുണ്ടോകം ൂർണം ജഗദേവ നന്ദനവനം അയാൾക്ക് ഇനി സ്വർഗത്തിൽ പോയി ഒരു നന്ദനവനമൊന്നും വേണ്ട അയാള് നിത്യനിരന്തരം വൈകുണ്ഠവാസിയാണ് ഞാൻ ഭാഗവത മഹീപതി എഴുതിയ തുക്കാറാമന്റെ ദീപചരിത്രം വായിക്കായിരുന്നു അപ്പൊ ഇടക്കിടയ്ക്ക് ഇങ്ങനെ അദ്ദേഹം അങ്ങനെ നഗരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ചുറ്റാൻ പോയി കളയും എവിടെയാന്ന് പോയി പിടിച്ചോണ്ട് വരണം എവിടേക്കാ പോണതെന്ന് വെച്ച് ചിലർ പോയി ചോദിക്കുമ്പോ എവിടെ പോണെന്ന് ചോദിച്ച വൈകുണ്ഠത്തിലേക്ക് പോണെന്ന് വൈകുണ്ഠം ഉള്ളിൽ കണ്ട ആളുടെ സകലയാത്രയും വൈകുണ്ഠത്തിലേക്കാണ് പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതായിട്ട് തോന്നും അവർ ഈ പുറമെ ശരീരം ചുറ്റ ശരീരം ഇങ്ങനെ അലയാണ് ഉള്ളിൽ വൈകുണ്ഠയാത്രയാണ് സമ്പൂർണ്ണം ജഗദേവ നന്ദനവനം അവർക്ക് ഈ ലോകം തന്നെ നന്ദനവനമാണ് സർവേപ്പി കൽപദ്രുമാഹ എല്ലാ വൃക്ഷങ്ങളും കൽപ്പക വൃക്ഷങ്ങളാണ് ഗാംഗം വാരി സമസ്തവാരി നിവഹാഹ എവിടെ ഉള്ള വെള്ളമും ഗംഗാതലമാണ് പുണ്യാസമക്രിയാ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പുണ്യമാണ് പ്രാകൃത സംസ്കൃതം വാചം അവര് പ്രാകൃതമോ സംസ്കൃതമോ എന്തു പറഞ്ഞാലും ശ്രുതിശരാഹ അത് ഉപനിഷത്താണ് വാരാണസി മേദിനി ഭൂമി മുഴുവൻ അവർക്ക് വാരാണസി ആണ് കാശിയാണ് വാരാണസി മേദിനി സർവാവസ്ഥിതിരസ്തി അസ്യ വസ്തുവിഷയാ അവരെ ഇരിക്കട്ടെ നടക്കട്ടെ കിടക്കട്ടെ വ്യവഹരിക്കട്ടെ നിത്യനിരന്തരം അവർക്ക് വസ്തു പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് ദൃഷ്ടേ പരബ്രഹ്മണി ഹൃദയത്തിൽ ബ്രഹ്മദർശനം സാധിച്ച് സ്വയമേവ ബ്രഹ്മഭൂതന്മാരായിട്ടുള്ള ജീവൻമുക്തന്മാർക്ക് സർവചരാചരവും വ്യവഹാരവും വസ്തുവിഷയമായിട്ടുള്ളതാണെന്നാണ് എന്നുവെച്ചാൽ ഭഗവത് ദർശനം അവർക്ക് ഉണ്ടാവുകയും അറിയുകയും ചെയ്യുന്നതല്ല നിത്യനിരന്തരമാണ് Arunachala Shiva Arunachala Shiva Arunachala Shiva Arunachalam Arunachala Shiva Arunachala Shiva Arunachala Shiva Arunachalam Arunachala Shiva Arunachana Shiva Arunachala Shiva Arunachalam അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ Arunachalam Arunachala Shiva Arunachala Shiva Arunachala Shiva Arunachalam Arunachala Shiva Arunachala Shiva Arunachala Shiva Arunachalam Arunachala Shiva Arunachala Shiva അരുണാചല ശിവ അരുണാചരുവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചലോ മതി ത്വമോ നാച്യം മമചി അതിയേഷ്ടം കൂരുമാം തം brahmanam ഭമ